തീർച്ചയായും അന്ത്യസമയത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു സുബഹാനുഹൂവ ചായലായുടെ പക്കൽ മാത്രമാണ് അവൻ മഴ പെയ്യ്ക്കുന്നു ഗർഭപാത്രങ്ങളിൽ എന്താണെന്ന് അവൻ അറിയുന്നു നാളെ താൻ എന്ത് സമ്പാദിക്കുമെന്ന് ഒരാത്മാവും അറിയുന്നില്ല ഏതു നാട്ടിൽ വെച്ചാണ് താൻ മരിക്കുകയെന്നും ഒരാത്മാവും അറിയുന്നില്ല തീർച്ചയായും അള്ളാഹു സുബഹാനുഹുവ ചായല എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു